രാത്രിയെയും പകലിനെയും നാം രണ്ട് ദൃഷ്ടാന്തങ്ങളാക്കി രാത്രിയുടെ ദൃഷ്ടാന്തത്തെ നാം മായ്ച്ചു കളഞ്ഞു പകലിന്റെ ദൃഷ്ടാന്തത്തെ നാം ദൃശ്യമാക്കി നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് അനുഗ്രഹം തേടുന്നതിനും വർഷങ്ങളുടെ എണ്ണവും കണക്കും നിങ്ങളറിയുന്നതിനും വേണ്ടിയാണത് എല്ലാ കാര്യങ്ങളും നാം വിശദമായി വിവരിച്ചിരിക്കുന്നു